ായ രർത്ഥം പറയുന്നത് ഹനനഹേനുക്കളിൽ നന്നായിട്ട് പോലും കരുതാത്തത് അങ്ങനെ പെട്ടെന്നതിനുള്ള കാരണങ്ങൾ നന്നായിപ്പോലും കരുതാത്തത് എന്നും അപമാനം പ്രതി അതുപോലെ ഹതമ്മൻ ഒരു കാരണം കൊണ്ടും കൊല്ലപ്പെടുന്നതായി കരുതുന്നത് തമോ രണ്ടുപേരും ന വിചാരിക്കുക അറിയില്ല അയം നഹന്ദി എന്ന കാലഘട്ടത്തിന് െ കൊല്ലപ്പെടുന്നതിനും ഹേതുവൽപ്പം വളർച്ച കുറച്ചുകൂടി സ്റ്റേറ്റാണ് അവിടുത്തെ ശാശ്വതോ ഹനാഹന്നിരമാനെ പറഞ്ഞു കാരണങ്ങളൊണ്ടെന്ന് ആത്മാവിന്റെ വികാരം സംഭവിക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങൾ പോലെ തന്നെ നിത്യത്തേന ആത്മാവ് നിത്യമാണ് അപരിണാമത്വ പരിണാമം സംഭവിക്കുന്നില്ല അതുമുണ്ടാക്കണം ജനന മരണാലയ സർവൈവ അചേതനദയാ സീ അതുകൊണ്ട് എന്താണ് ആത്മനെ ജനനമരണാ സർവേവ അചേതർമ്മ ആത്മന ജനനവരണാതിസർവ അചേതേഹധർമ്മ അചേതനമായ ദേഹത്തിന്റെ ധർമ്മങ്ങളാണ് അതൊന്നും തന്നെ ആത്മനഹ അനുസരിച്ച് ആത്മാക്കൾക്കില്ല ആത്മനഹ ആത്മാക്കൾക്ക് എന്ന് പറയാൻ എന്താ കാരണം ആത്മാവൊന്നല്ല പലതാണ് അത് പ്രത്യേകം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മാക്കൾക്കില്ല അദ്വീതമനുസരിച്ച് ആത്മാവ് ഒന്നേ ഉള്ളൂ സാമാന്യജാധീകാരികൾക്ക് ആത്മാക്കൾ പലതാണ് അതുകൊണ്ട് പ്രത്യേകം പറയും ആത്മനഹ അപ്പാകൾക്കത് ഇല്ല പക്ഷെ ജനന മരണങ്ങളെല്ലാം ശരീരത്തിനാണ് തത്ര ജായികർത്തമാനതയാത്രീരനമായ ജനനമരണേ കഥാചിതാത്മാനം അനുസരിച്ചത അതുകൊണ്ട് ജായികളിയേ ജനിക്കുന്നു എന്നിങ്ങനെ വർത്തമാന സർവേഷം സർവീക അനുഭൂയമായി ജനനമറിയും വർത്തമാനമായ എന്നുവെച്ചാൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഓരോരുത്തരും ജനിക്കുന്നു മറ്റുള്ളവരും മരിക്കുന്നു ഇങ്ങനെ സർവേഷു എല്ലാ ദേഹങ്ങളിലും സർവീകനുഭൂയമായി സർവേ അനുഭവിക്കുന്നതായും എന്നുവെച്ചൊക്കെ അനുഭവിക്കുന്ന ദേഹത്തിലാണ് ജനന മന്മ ജനന മരണങ്ങൾ കഥാചിത ആത്മാവിനെ നസ്പർശത ഒരിക്കലും ആത്മാവിനെ സ്പർശിക്കുന്നില്ല വിളിച്ച ആത്മാവിനല്ല ജനന മരണങ്ങളെല്ലാം ശരീരത്തിനാണ് ഇതൊന്നും ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല എല്ലാ ഈ അഭിപ്രായങ്ങളും ഞാൻ പറയുന്നു അയം ഈ ആത്മാവ് കൽപ്പാഗം ഈ കൽപ്പത്തിൻ്റെ ആദി ഭൂത്വാ ഉണ്ടായിട്ട് ഭൂയ വീണ്ടും എന്ന് വെച്ചാൽ കൽപ്പ കൽപ്പാന്തേ നനഭല അതായത് നയം ഭൂത്വ ഭലിഗ വ ന ഭൂയ അവിടെ രണ്ട് നായ അതിന് ന ഭലികൾ ഒരുമിച്ചെടുത്തു എന്നിട്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി ന ഉപയോഗിക്കുന്നു അപ്പൊ നഴിയ ഇല്ല ഇതാകുന്നില്ല എന്നില്ല ഇല്ലാതാകുന്നു ഇല്ല എന്നില്ല ഭാവിതയും ഒരുമിച്ചു എന്നിട്ട് അതിനെ നിഷേധിക്കും എത്തിയമാണെന്നു അപ്പൊ ഭൂത്ത്വാ ോട് നായ അന്വയിക്കുന്നില്ല ഭവിച്ചിട്ട് ഉണ്ടായിട്ട് ന ഭവിക്കാം ഇല്ലാതാകുന്നത് നല്ല എന്നുവെച്ചാൽ നിത്യമാണ് ഇവിടെ സങ്കരദം പറയുന്നത് രണ്ട് തരത്തിലാണ് രണ്ടിനോടും നായ അന്വേഷിക്കും അഭൂത്വ ന ഭവിക്കും അഭൂത്വ ഭവ ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകുന്നതല്ല ഭൂത്വ ഉണ്ടായിട്ട് ഇന്ന ഭവിക്കണം ഇല്ലാതാകുന്നത് ഇല്ലാതിരുന്നിട്ട് ഇവിടെ അഭൂത്വ എന്നുള്ള ഉണ്ടാകുന്നതല്ല പിന്നെ ഭൂത്വ അഭവിതാനം ഇല്ലാതാകുന്നത് അഭവിത രണ്ടിന്റെ താല്പര്യമൊന്നും തന്നെ പക്ഷെ പണ്ഡിതന്മാരാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് വ്യത്യാസം പദം രണ്ടിനും പറയുന്ന നിത്യവും പക്ഷെ ഈ പദങ്ങൾ എങ്ങനെ അനുഭവിക്കും എന്നുള്ളതാണ് ഭൂത്വ എന്ന ഭവിതാണ് ഉണ്ടായിട്ടില്ലാതാകുന്ന അഭൂത്വ ഇല്ലാതിരുന്നിട്ട് എന്താണ് ഭവിത ഉണ്ടാകുന്നത് ന എന്ന് പറഞ്ഞ കാര്യം ഒന്നാണ് ഇവിടെ രാമായികാണോ പദ്യത്തിനുള്ള അതുപോലെ തന്നെ വീണ്ടും ഭൂയൊ അതിന്റെ താല്പര്യം എന്താ പറയുക കല്പാതം ഭൂത്തുവാൽപാശ ന ന അങ്ങനെ കൽപ്പവുമായി ബന്ധപ്പെട്ടു അതിലങ്ങനെ ബന്ധപ്പെടുത്തി ദേഷ്യത്തിൽ പ്രജാപതി പ്രകൃതി ദേഹേഷു ആഗമേന ഉപലഭ്യമാണ് കൽപ്പാഗമജനം കൽപ്പാന്തേജരണം ആത്മാനങ്ങൾ സ്പൃശ്യം വേദത്തിന് പറയുന്നത് കല്പത്തിന്റെ ആദിയില് പ്രജാപതികളും ജനിക്കുന്നു കല്പത്തിന്റെ അവസാനം അവരെല്ലാം മരിക്കുന്നു ഇങ്ങനെ പറയുന്നിടത്തും ഇതാദേഹത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചല്ല ഭൂത്വ ന ഭൈതാന എന്നൊക്കെ പറയണമെങ്കിൽ അവരൊരു ദൃഷ്ടാന്തത്തെ കണ്ടിട്ടായിരിക്കണം വെറുതെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടത് ഇവിടെ ദുഷ്ടാന്തം ഉണ്ടാകുന്ന എന്താണ് പ്രജാപതി എന്നാലും ദാകമായി രണ്ടു തരത്തിലുള്ള ഒക്കെ അർത്ഥവ്യത്യാസമൊന്നുമില്ല ആത്മാവ് നിത്യമാണ് രാമാനുചാചാര്യത്തിരിയേ ശങ്കരാചാര്യൊക്കെ ആയിട്ട് എവിടെയെങ്കിലും രണ്ടുപേരും യോജിച്ചല്ലോ അതൊരു വലിയ കാര്യം എന്നു കൂടത്തി ാണ് കേഷൻ പ്രജാപതി പ്രവൃതി പ്രജാപതികൾ തുടങ്ങി അവരുടെ ആ ദേഹത്തിൽ ആഗമേനുപലഭ്യമാണ് ആഗമത്തിൽ ഭേദത്തിലൂടെ നമ്മളറിയുന്ന ജനങ്ങൾ കൽപ്പാഗ ജനങ്ങൾ കൽപ്പാന്തിക മരണം കൽപ്പത്തിന്റെ അവസാനത്തിൽ ഒരു സൃഷ്ടിയിലെ പ്രളയം കഴിഞ്ഞ് ഒരു കൽപ്പം അതിന്റെ പ്രളയം വരെയാണ് അങ്ങനെ അപ്പൊ പ്രജാവി കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായി ഈ സൃഷ്ടിയുടെ പ്രളയം വരുമ്പം വരും കൽപ്പാന്ന കൽപ്പാദി കൽപ്പാന് വരണം എന്തുകൊണ്ട് സൃഷ്ടി അനാദിയാണ് അത് ആത്മാനമെന്ന് ും പറഞ്ഞു ആത്മാവിനെ സ്പർശിക്കുന്നില്ല അത സർവദേഹഗത ആത്മാവ് അജ അതുകൊണ്ടൊന്നാണ് സർവദേഹഗത സർവദേഹത്തിലും ഗതനായിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് അജനാണ് ഇവിടെ ഗതനായിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ രാമാനുരാജ്യങ്ങൾക്ക് ആത്മാവെന്ന് പറയുന്ന അണുവാണ് അപ്പൊ വ്യാപിക്കുക അല്ല ഏദനം പ്രവേശിക്കാൻ കഴിയുന്നതാണ് ആത്മാവ് ഏത് ശരീരം കൊണ്ടാണ് ഗതന എന്ന് പറയുന്നത് സൂക്ഷ്മമായതുകൊണ്ട് അണുവിനെവിടെയും കേറാണ് അല്ലാതെ തതം ഗതം എന്നൊക്കെ പറയുന്നതിന് ശങ്കരാചാരി പറയുന്ന രീതിയിലുള്ള വ്യാപനശീലമാണ് സൂക്ഷ്മമായത് കൊണ്ട് ഏതിനും കടന്നു കയറാം എന്നുള്ള അർത്ഥത്തിലാണ് അതിന് അണുവായ വ്യത്യാസം വ്യാപിക്കുക എന്നർത്ഥം പറഞ്ഞാലും സൂക്ഷ്മമായതുകൊണ്ട് ഏതിൻ്റെയും ഉള്ളിൽ കയറുക എന്നുള്ള അർത്ഥം സർവത്മാ അജന ആത്മാഅജനാണ് അതേ വ്യക്തി എന്നുള്ള വ്യക്തിനാണ് പ്രകൃതിവിശത സതത പരിണാമീനീയ പ്രകൃതിയെ പോലെ അത് വിശദമായ വിശദം എന്ന് വെച്ചാൽ വ്യക്തം ആ വിശദം എന്ന് വെച്ചാൽ സൂക്ഷ്മം ഇതൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഈ അർത്ഥം ഞാൻ പറയുന്നതല്ല എന്റെ മനസ്സിൽ തോന്നുന്ന അർത്ഥമാണ് അങ്ങനെ മനസ്സിലാക്കാനും പ്രയാസം അവിശദ സതതപരിണാമം അതിസൂക്ഷ്മമായ സതത പരിണാമം എന്ന് പറയാൻ കാരണം എന്താണ് ഈ സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ കൽപ്പത്തിൽ പരിണാമങ്ങൾ നമുക്ക് സ്പഷ്ടമായി അനുഭവിക്കാം പക്ഷെ പ്രളയകാലത്തോ അവിടെയും പരിണാമമാണ് പക്ഷെ അത് സൂക്ഷ്മപരിണാമമാണ് ഇവിടെ ഈ അഹിസക നിരന്തര പരിണാമം പ്രളയകാലത്തെ സൂക്ഷ്മപരിണാമമാണ് എന്നാണ് എൻ്റെ അമ്മ ആ പ്രണാമെ അഭി അന്യ ആ പ്രണാമവും ആത്മാവിനോട് യോജിച്ച് ആത്മാവിനങ്ങനെ ഒരു പ്രണാമവും നടക്കുന്നു പ്രണാമം എല്ലാം നടക്കുന്ന പ്രകൃതിയിലാണ് ആത്മാവിനെ ഇതാണ് പുരാണ അഭിനം ഇതുതന്നെ വിശങ്കര വലിയ വ്യത്യാസവും പുരാണെന്ന് പഴയതാണെങ്കിലും പുതിയ പുരാതനവ ഇവ എന്ന സർവദാ അപൂർവ അനുഭാവിയെ എപ്പോഴും പുതുതായി അനുഭവപ്പെടുന്നവർ അപൂർവം അപൂർവം പോലെ അനുഭവപ്പെടുന്നുണ്ട് പൂർവത്തായിട്ട് അനുഭവപ്പെടുന്നത് അപൂർവസ്ഥാന അനുഭവി അനുഭവിക്കേണ്ടത് എന്നർത്ഥം അതായത് ഈ ഭൗതികമായ വസ്തുക്കളൊന്നും നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റും അപൂർവം ഒരു പുഷ്പം അത് കഴിഞ്ഞാൽ അത് പൂർവം എത്ര അനുഭവിക്കാൻ പറ്റും മുമ്പുണ്ടായി അങ്ങനെ നാളെ ഇല്ലാതായിരിക്കും ഇതങ്ങനെ അപൂർവത്തെ എപ്പോഴും ഞാനിപ്പോ എപ്പോഴും പുതുമയുള്ള പുതുമ നഷ്ടപ്പെടാത്ത അങ്ങനെ അനുഭവപ്പെടുന്ന നിത്യമായ നമ്മൾ സാധന തുണിയെക്കുറിച്ച് പറയുന്നത് പുതിയതുപോലെയില്ല പഴകിയില്ല എന്ന് പറയാറുവാ എന്നും പുതി അത് ശരീര ഹനിയായ നരഞ്ഞോ ആത്മാ നിത്യമായതുകൊണ്ടാണ് ശരീരം ഹനിക്കപ്പെട്ടാലും അയമാത്മാവ നഹനെ ആത്മാവ് ഹനിക്കപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിന്റെ അനിത്യതയും ആത്മാവിന്റെ നിത്യതയും അർജുനടപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വിഷ്ണ തിരോണാദികൾ മരിക്കും എന്ന് പറഞ്ഞു ലഭിക്കേണ്ട മരിക്കുന്നതിന്റെ ശരീരങ്ങളാണ് ആത്മാവും മരിക്കുന്നില്ല യും പ്രേത്വഭവിത ഭരിക്കുന്നു അയമുയാത്മാവും വേദം എനിക്കുന്നില്ല ഭരിക്കുന്നില്ല ഉണ്ടായിട്ട് ഇല്ലാതാകുന്നതും അധ അതിനാണ് ജനനമില്ലാത്തവനാണ് നെറ്റിനാണ് നിത്യം കാണുന്ന വെച്ചാൽ നാശമില്ലാത്തവനാണ് ശാശ്വതനാണ് അതിനാണ് നിത്യം ശാശ്വത എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നാണ് ശശ്വത്ഭവശാശ്വതം എന്നും ഉണ്ടായിട്ടില്ല അതൊരു വ്യത്യാസം വേണമല്ലോ അതിനാണ് പറഞ്ഞത് സൂക്ഷ്മഭരണാവും ഇല്ലാത്തവരാണ് ഭാഷകാരൻ കൂടെ ഒരർത്ഥമാണ് രാജ്യം പദം ആവർത്തിക്കുന്നതുകൊണ്ട് പുനരുക്തി ദോഷം വരുമെന്ന് കണ്ടുകൊണ്ട് അതൊരർത്ഥം മാറ്റി പറഞ്ഞ ഐ പുരാണ എന്നും പുരുമേ ഉള്ളതാണ് ശരീരഹന്യമാനെ ഹന്യത ശരീരം ഹനിക്കപ്പെട്ടാലും ിക്കുന്നില്ല അത് വളരെ ലളിതമാണ് അർത്ഥത്തിലും വ്യത്യാസം അടുത്തിരുപത്തൊന്ന് വേദാവിനാശിനും നിത്യം ഞായന വജ മമ്മിയം കഥം സദൃശ പാത്താത്തം ഘാതവിധ ഇതും വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവിനാശത്വ അജത്വേന ദയ അനർഹത്വേന ച നിത്യേനമാത്മാനം ജ പുരുഷോ യഥ്രകാരം അവിനാശിച്ചിരുന്നു അവിനാശിയായതുകൊണ്ട് അജത്വീന ജനനമില്ലാത്തവനായ കൊണ്ട് ദയ അർഹത്വേനാശമില്ലാത്തവനായും കൊണ്ട് ചില നിത്യം നിത്യമായ യ പുരുഷോ വേദ യോ ഈ രൂപത്തിലാരാണോ അറിയുന്നത് സ പുരുഷ ആ പുരുഷൻ ദൈവമനുഷ്യസ്ഥരീര അവസ്ഥിതേഷു ആത്മസു കമപ്യാത്മാനം കഥം ഖാദയതി ആ പുരുഷൻ ദേവന്മാര് മനുഷ്യര് തിരിയെക്കുക പ്രാണികളെ മറ്റും പൊതുവെ തിരികെക്കാതിരച്ചീനമായി ഭൂമിക്ക് പാരലായി സഞ്ചരിക്കുന്നവരാണ് തിരികെക്കുക സ്ഥാവര ശരീര അവസ്ഥതേഷു പിന്നെ സ്ഥാവരം ഇത്തരം ശരീരങ്ങളിൽ അവസ്ഥതേഷു ആത്മ സ്ഥിതി ചെയ്യുന്ന ആത്മാക്കളിൽ എവിടെയും പോകുവാനും മനഃപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ് ആത്മാക്കൾ പലതാണെന്നല്ല കമ്മപ്പി ആത്മാണോ ഒരാത്മാവിനെ പോലും കഥം ഖാതേരി മുമ്പോട്ടി നിന്നും അർജുനൻ ചോദിക്കുകയും ചെയ്യും ക്രൂരമായുള്ള കർമ്മത്തിൽ അങ്ങ് എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ് ഞാനിതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നീ കരുതരുത് ഞാൻ നിന്നെ കൊണ്ട് കൊല്ലിക്കുകയാണ് എന്ന നീ കരുതരുത് എന്തുകൊണ്ട് ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല പിന്നെ ഞാൻ ആത്മാവിനെങ്ങനെ കൊല്ലിക്കും കൊല്ലിക്കുന്നു എന്ന് പറയുന്നതാണ് വാസ്തവം പക്ഷെ ആ കൊല്ലിക്കുന്ന എന്തിന് ശരീരത്തെയാണ് ആത്മാവിനെ ഓ കൊലക്ക് പ്രേരിപ്പിക്കാന്ന് പറയുന്നത് പ്രേരണ ഉണ്ട് ഇവിടെ മിണ്ടാതിട്ട് ആയുധ എന്താണ് നിരന്തരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോ അതിന് ശങ്കരായ പറയുന്നതുപോലെ തടസ്സം മാറ്റി എന്ന് പറഞ്ഞാൽ ആ തടസ്സം മാറ്റേണ്ട ഒരു പ്രേരണയാണോ മടിച്ചവനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈടെ വരികളിൽ വ്യക്തമാണ് അതെ നീ പ്രേരിപ്പിക്കുന്നതും മാറാൻ പറ്റില്ല പക്ഷെ എന്താണ് ഞാൻ കൊല്ലിക്കുന്നു പറയുന്നത് ഞാൻ ആത്മാവിനെ കൊല്ലിക്കുന്നില്ല എന്തുകൊണ്ട് ആത്മാവിനെ ആർക്കും കൊല്ലിക്കാൻ പറ്റില്ല ആത്മാവ് കൊല്ലിക്കുന്നവനുണ്ട് ആത്മാവിനെ ശരീരത്തിൽ ഇവിടെ തീർച്ചയായിട്ടും രണ്ടായി കണ്ടു ഇനി ശരീരത്തെയാണ് കൊല്ലിക്കുന്നതെങ്കിൽ അതിനൊക്കെ നേരിട്ട് സമാനം പറഞ്ഞു കഴിഞ്ഞു ശരീരം നശിക്കുന്നെങ്കിൽ എന്താണ് ഗുണം എന്താണോ ദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആത്മാവിനെ നശിപ്പിക്കുന്നില്ല അതിന് ഞാൻ പ്രേരിപ്പിക്കുന്നില്ല അങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിയുന്നുള്ള ഒരാത്മാവല്ല ഞാൻ അതുകൊണ്ട് എന്താണ് എങ്ങനെ കൊല്ലിക്കും കഥം ഘാതയരി എങ്ങനെ കൊല്ലിക്കാവിടെയല്ല നീ ഒരിക്കലും കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നവനായി കരുതരുത് ഞാൻ ആത്മാവിനെ കൊല്ലിക്കുന്നില്ല എന്നാണ് അതിനുവേണ്ടിയിട്ടാണ് ആദ്യമേ പറഞ്ഞെന്താണോ ആത്മാവിനെ നിത്യമായും അരുമായും അമ്മിയുമായും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്നു അതുപോലെങ്ങനെ കൊല്ലി ആത്മാവിനെ കൊല്ലിക്കാൻ പറ്റത്തില്ല ശരീരത്തെ കൊല്ലിക്കുന്നു അതുതന്നെ ഒരു വലിയ വിഷയവൊന്നുമില്ല അത് സമാനം പറഞ്ഞാണ് കമ്പ കഥം ഹന്തി ആരെങ്കിലും എങ്ങനെ കൊല്ലും കൊതാനും കൊല്ലിക്കാങ്ങനെ കഥം നാശി എങ്ങനെ നശിപ്പിക്കും കഥം മാത്ര പ്രയോജകോഭവനി എങ്ങനെ അതിന് പ്രേരകനാണ് കൊല്ലിക്കുന്നവൻ പ്രേരകനാവില്ല ഇന്നത്തെ നിയമ സ്ഥിതി അനുസരിച്ച് കൊല്ലുന്നവനും ശിക്ഷയുണ്ട് കൊല്ലിക്കുന്നവനും ശിക്ഷയും രണ്ടുപേരുടെ ശിക്ഷ പക്ഷെ ഇവിടെ എന്താണ് ആത്മാവിനെ കൊല്ലുന്നില്ല കൊല്ലിക്കുന്നവന് ഇതാണ് അതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല പിന്നെ ശരീരത്തിൻ്റെ കാര്യം അത് യുദ്ധമാണ് അവിടെ പറയുന്നത് നടക്കുന്നത് യുദ്ധത്തിൽ പൊട്ടാളക്കാർ കൊല്ലുന്നതിന് ശിക്ഷയില്ലല്ലോ എന്നാണെങ്കിൽ സ്വന്തം പൊട്ടാളക്കാർക്ക് സ്വന്തം രാജ്യത്ത് ശിക്ഷയില്ല മറൊരു രാജ്യത്താണെങ്കിലും എന്തുണ്ട് അവൻ ശിക്ഷിക്കുക അതാണ് അവൻ വെടിവെച്ച് കൊല്ലാന്ന് അവനവൻ്റെ രാജ്യത്ത് ശിക്ഷ മറ്റു രാജ്യക്കാരനെന്ത് ചെയ്യുന്നു നമ്മളെ രാജ്യത്തുള്ള ഒരാളെ കൊല്ലാതിന് പകരം അവനെ കൊല്ലണമെന്ന് വാദിക്കുന്നവരാണ് അവർക്ക് വെടിവെച്ച് കൊല്ലാൻ സാധിക്കും ആത്മനോ ഖാതയാമി ഹദ് എത്തിയ അനുശോചനം ആത്മസ്വരൂപയാഥാത്മ്യ അജ്ഞാനമൂലം നേരേത്യഭിപ്രായ ഈ ആത്മാക്കളെ ഖാദയാമി കൊല്ലിക്കുന്നവനാണോ ഹദ്മി കൊല്ലുന്നവനാണോ എന്നിങ്ങനെ അനുശോചനം ുഃഖിക്കുന്നത് ആത്മാക്കളും കൊല്ലിക്കുന്നവനാണ് കൊല്ലുന്നവനാണ് ഇങ്ങനെയൊക്കെ ദുഃഖിക്കുന്നത് ആത്മസ്വരൂപ യാഥാത്മ്യജ്ഞാന യാഥാർത്ഥ്യ അജ്ഞാന ആത്മസ്വരൂപത്തിന്റെ യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ആത്മസ്വരൂപം യാഥാർത്ഥ്യം യഥാർത്ഥ യാഥാത്മ്യ അജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവിന്റെ യഥാർത്ഥമായി അറിവില്ലാത്തതാണ് അഭിപ്രായം അപ്പോ അർജുനന്റെ ശ്രദ്ധ ഒന്ന് മാറ്റുക അർജുനൻ പറയുന്നത് എന്താണ് അർജുനൻ പറയുന്ന ഒരിടത്തും അർജുനൻ ഒരു സംശയവുമില്ല അർജുന ചോദിക്കുന്നുമില്ല എന്താണ് ആത്മാവെ കൊല്ലാൻ പറ്റുന്നു മണ്ണിക്കുന്നു അങ്ങനെ ഒരു അർജുനന് സംശയമേ ഇല്ല ഇനി ആത്മാവ് മരിച്ചു പോകുന്നു അർജുനം ദുഃഖിക്കുന്നു അങ്ങനെ ഒരു വിഷയമേ ഇവിടെ ഇല്ല അപ്പം ഇവിടെ എന്താ ഉപദേശിക്കുന്നത് നീ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേറിട്ട് മനസ്സിലാകുന്നു ഇവിടെ നശിക്കുന്നു എന്ന് കരുതൽ നടത്തും എന്ത് ചെയ്യണം അത് ശരീരത്തിന്റെ നാശമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ശരീരത്തിന്റെ നാശം സംഭവിക്കുന്നിടത്ത് ആത്മാവ് നശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുമ്പം ഭീഷ്മ്രോണാദികളെല്ലാം ആത്മാക്കളാണ് അവർക്ക് നാശമില്ല എന്ന് മനസ്സിലാക്കി പിന്നെ ലഭിക്കും ബന്ധുവധം എന്നൊരു പാപത്തെക്കുറിച്ചോ അത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിലുള്ള ദുഃഖമൊന്നും ആവശ്യമില്ല അർജുനന് ഇതൊരു വിഷയമായിരുന്നില്ല അർജുനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നതും മുമ്പിക്കുന്ന ബന്ധുക്കളെ കൊല്ലുക ആത്മാവാണോ ശരീരമാണോ രണ്ടും ഒന്നാണോ അത് രണ്ടാണോ ഇത്തരം ചിന്തകളൊന്നും അർജുനൻ ദുഃഖിക്കുന്ന സമയത്ത് അർജുനൻ ഉണ്ടായിരുന്നില്ല പിന്നെ യുദ്ധത്തിന് തയ്യാറാകണമെങ്കിൽ ഇത് പറയുകയല്ലാതെ അല്ല നീയ ഭീഷ്മദ്രോണാദികളൊക്കെ ഒന്നുകഴിഞ്ഞാൽ അവര് മരിക്കത്തില്ല എന്ന് പറയാം ഒന്നാമു അങ്ങനെ മരിച്ച ഗുരുവിനെയും ബന്ധുക്കളെയും കൊല്ലുന്നതിന്റെ ദുഃഖം എന്തായാലും ഉണ്ടാവും ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് ഇവിടെ ഈ ഒരു വിദ്യയെ പറ്റും എന്താണ് ശരീരത്തെ മാത്രമേ വരുന്നുള്ളൂ എന്ന ഇഷ്ടോട്ടെ അവരാരും മരിക്കുന്നുണ്ട് കാരണം അവരെല്ലാം ആത്മസ്വരൂപീണ നിത്യത്വം അത് നേരത്തെ ആത്മരൂപത്തിൽ അതെല്ലാം നിത്യമാണ് അപ്പോ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിത്യമായ ഒരു ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് നാശമില്ല എന്ന് മനസ്സിലാക്കി എന്താണ് കൊല്ലുന്നതിൽ നിന്നുള്ള ദുഃഖത്തെ ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ് യഹ എനും അജം അമ്പിയം നിത്യം അവിനാശിനം വേദ ആരാണോ ഈ ആത്മാവിനെ നിത്യമായി അജമായി അബിയുമായി അവിനാശിയായി കരുതുന്നത് സപുരുഷ ആത്മുഷ കഥനെ ഹേ പാർത്ഥ കംഖാതെന്തികം കംഹന്തി ആരെ കൊല്ലുന്നു കംഖാതെ കൊല്ലിക്കുന്നു ആരെ കൊല്ലിക്കുന്നു അപ്പം ഞാൻ കൊല്ലിക്കുന്നുമില്ല നീ കൊല്ലുന്നുമില്ല അതെല്ലാം മാറ്റിക്കെടുക്കും അതുകൊണ്ടത് സ്പഷ്ടമാണ് എല്ലാവരും ഇങ്ങനെ എന്നെ വ്യാഖ്യാനിക്കും യദ്യപി നിത്യാനാം ആത്മനാം ശരീരവിശ്രേഷം മാത്രം ക്രിയലേ വളരെ നിസ്സാരമായൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ആർക്കും ചെയ്യാവുന്നത് എന്താണ് നിത്യമായ ആത്മാവിൽ നിന്ന് ആ ശരീരത്തെ പതുക്കെ പങ്കെടുത്തു മാറ്റം മുറിച്ചു മാറ്റണം അതാണ് നിത്യ നിത്യാനാം ആത്മനാം ശരീരവിശ്രേഷം മാത്രം ക്രിയലേ ആത്മാക്കളിൽ നിന്ന് ശരീരവിശ്ലേഷ ശരീരത്തെ മാറ്റുകയാണ് ഇവിടെ ശങ്കരാചാര്യത്തെക്കാളും കുറച്ചുകൂടി തെളിച്ച് വ്യക്തമായി രാമാനുജാചാര്യ പറയുന്നു മനസ്സിലാകാത്ത കാര്യങ്ങളൊരു കൊല്ലുക എന്ന് പറയുന്നത് എന്താണ് ആത്മാവിൽ നിന്ന് ശരീരത്തെങ്ങോട്ടും മാറ്റുക മുറിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആത്മാവിൽ നിന്ന് ശരീരത്തെ മുറിക്കുകയാണ് ഇത്രയും ചെയ്യുന്നു ഇതെന്താ എന്ത് ദുഃഖിക്കേണ്ട കാര്യമുള്ള ആത്മാവിനെ കത്തിക്കൊണ്ട് മുറിവേപ്പിക്കാൻ പറ്റിയില്ല ഒരു കശാപ്പുകാരം ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ തഥാപി രമണീയ ഭോഗസാധനേഷു ശരീരേഷു മശ്യസ്സു തദ്വിയോഗരൂപം ശോകനിമിത്തം അസ്ഥീവ ഇത്ര പക്ഷെ എന്നാലും രമണീയമായ ഭോഗങ്ങൾക്ക് ഉപകരണമായിരിക്കുന്ന ശരീരം ഈ ലോകത്ത് ഒരുപാട് സുഖ അനുഭവിക്കാൻ പറ്റുള്ളൂ അതൊക്കെ അനുഭവിക്കുന്നതിനൊരു ഉപകരണമാണല്ലോ ഈ ശരീരം എല്ലാവർക്കും ശരീരം ഈ ശരീരത്തിലൂടെയാണ് എല്ലാവരും എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് അതാണ് രമണീയമായ ഭോഗം അതിന് സാധനമായിരിക്കുന്ന ശരീരേഷം നശിക്കുമ്പോ രാമായ ശരീരം പലതാണെങ്കിൽ ആത്മാവും പലതന്നെ ആത്മാവ് ഒന്നായിരിക്കും ശരീരം പലതായിരിക്കുക അത് നടക്കുന്ന ശരീരം പലതാണ് ആത്മാവും പലത് തന്നെയാണ് അത് ഉപയോഗമാണതാണ് അത് നശിക്കുമ്പോ തദ്വിയോഗരം ശോകനിമിത്തം അസ്ത്യവ ആർക്കായ അതിൻ്റെ ഉപയോഗനിമിത്തമായിട്ടുള്ള ശോഭമുണ്ടാവും ഇപ്പോൾ എന്താണ് മരിക്കുന്നവൻ്റെ ഭാഗത്തോടൊന്നും ഇവിടെ ചിന്തിക്കുകയാണ് മരിക്കുന്നവനെന്ത് വിചാരിക്കും ആരെങ്കിലും കൊല്ലാൻ വരുന്നു എൻ്റെ ഈ ശരീരം എനിക്കിനി എത്രയോ കാലം ഉപയോഗിക്കാനുള്ളതാണ് അതിനെയാണെന്നൊന്ന് നശിപ്പിച്ച് കളയുന്നത് എന്ന് അവൻ ചിന്തിക്കാതിരുന്നു ചിന്തിച്ചവന് ദുഃഖം പരാതിയിരിക്കുന്നു ആർക്കാണ് നഷ്ടപ്പെടുന്നത് ആത്മാവ് നശിക്കുന്നില്ല ശരീരമേ നശിക്കുന്നു എന്നുള്ള ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മരിക്കുന്നവന് ദുഃഖം വരാതിരിക്കുന്നു കൊല്ലുന്നവനൊക്കെ അവന് കൊലയ്ക്കൊരു ന്യായീകരണമായി എന്ന് പറയും പക്ഷെ മരിക്കുന്നവന് അവനെന്ത് സമാധാനം അപ്പൊ അവനെയും സമാധാനിപ്പിക്കും എന്താ ആ സമാധാനം രണ്ടു പേർക്കും കിറ്റായിരിക്കും കൊല്ലുന്നവരും മരിക്കുന്നുണ്ട് ഇതുകൊണ്ട് മരിക്കുന്നവന് സമാധാനം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്നവനും കിട്ടുന്ന കിട്ടത്തില്ല കുറച്ച് കുറവായിരുന്നു ഇവിടെ രണ്ട് വിഷയമുള്ളൂ ഒന്നെന്താണ് കൊല്ലുക മറ്റൊന്ന് മരിക്കുക ആർക്കാണ് കൂടുതൽ സന്തോഷം ആർക്കാണ് കൂടുതൽ ദുഃഖം അതാണെങ്കിലിപ്പോ തീരുമാനിക്കാൻ അപ്പോ കൊല്ലുന്നവനെ സംബന്ധിച്ച് അവൻ നിർമമനായി മമതയില്ലാതെ അതുകൊണ്ട് അവന് ദുഃഖവും ഇല്ല സങ്കടം മരിക്കുന്നവനോ അവനോ എന്ത് ചെയ്യണം നിർമമനായി ഒരു മമതയില്ല പോകുന്നെങ്കിൽ പോട്ടെ അത് വിചാരിച്ച് മരിക്കണം അവനും സന്തോഷവും വരാൻ പാടില്ല സന്താപവും വരാൻ പാടില്ല ഇതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അത് കേട്ടിരിക്കുന്നത് തന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നല്ല ആശയമാണെന്ന് തോന്നുന്നുണ്ട് ഈ പൊടയും മരണവും അതിനടുത്ത് പറയുന്നു കൊലക്കെന്തൊക്കെ ന്യായീകരണങ്ങളാണ് കൊണ്ടുവരുന്നത് സംഗതി എന്താണോ ഇത് വെറും വാഴക്കൊലയല്ല ഒറിജിനൽ കൊലയാണ് കൊല്ലുകയാണ് അത് കൊല്ലുന്നവന്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കും ചാകുന്നവന്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കേണ്ട ഒരു ശ്രമമാണ് അത്രയുള്ളൂ ന്യായീകരണമാകത്തില്ല കൊല്ലുന്നവന്റെ ഭാഗത്ത് ന്യായീകരണമാകുമെന്ന് വെച്ചാൽ അതൊന്നാകത്തില്ല എന്തായാലും ഈ കൊലയെ മരണത്തെ ന്യായീകരിക്കുന്നതിനുള്ള ഒരേ ഒരു ആയുധം എന്താണ് ഇതാണ് ആത്മാവ് ആത്മാവെ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ പഴയ പദ്യത്തിൽ വേദാവകാശ നിത്യം നന്ദി ഈ പദ്യമെന്ന് പറയുന്നത് സംഗ്രഹത്തെ ഭാഷമെന്ന് പറയുന്നത് അദ്വൈതത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ നമ്മൾ പറഞ്ഞാണെങ്കിലും ഈ സന്ദർഭത്തിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ് അത് പറയാതെ പോയാൽ സ്ഥിതികാലത്തിൽ രാമാനുജാചാര്യത് കൊലയിലും മരണത്തിനുമായിട്ട് അങ്ങ് ഒതുക്കി നിത്യം പറയുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ ഒന്നും അവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സിദ്ധാന്തമാണ് വിദ്വുഷോ വിദ്വാനോ മോക്ഷം രണ്ടും കർമ്മസന്യാസത്തിന് അധികാരം കർമ്മസന്യാസ അധികാരങ്ങൾ കർമ്മസന്യാസത്തെ അധികാരംയാവ എന്നാണ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നതാണ് ഈ കർമ്മം സന്യസിക്കേണ്ടത് തത്വാനിയാണ് അല്ലാത്തവർ കർമ്മം സന്യസിക്കണ്ടാണ് പക്ഷെ ബാക്ഷിക്കാരൻ പറയുന്നത് അഭിമുക്ഷവും എന്ന് വെച്ചാൽ മൂക്ഷുവായിരിക്കുന്നതിനും ഇരിക്കുന്ന ഒരുവനും ഏതത്തിൽ നിന്നും വേദാധ്യയനത്തിലൂടെ ആത്മാവ് അകർത്താവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞാനും അവനും കർമ്മത്യാഗം ത്തിനാണ് അവനധികാരം കർമ്മത്തിനവനധികാരമില്ലെന്ന് അതിന് ഞാനീടെ കാര്യം പറയണം ഇത് സങ്കരകരുടെ സിദ്ധാന്തമാണ് ഭാഷ്യ പക്ഷെ പല പ്രകടനഗ്രന്ഥങ്ങൾ തൃക്കാരത്തെഴുതപ്പെട്ട പാട്ടുകളിലെല്ലാം ഇതിന് വിരുദ്ധമായിട്ട് പറയുക വിരുദ്ധമായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ശങ്കരായർക്ക് ശേഷം എഴുതിയ പാട്ടുകളാണ് മിക്ക പാട്ടുകൾ സങ്കരായഴുതിയത് എന്ന് വെച്ചാൽ ശങ്കരായ ഭാഷയത്തിന് വിരുദ്ധമായി അവിടെ നമുക്ക് മനസ്സിലാകാം അന്ന് ശങ്കരായ രഴുതിയല്ല മമ്മൂട്ട് ഷൂ അല്ല ത്യജിക്കേണ്ടത് തത്വം ഞാനുള്ളവനെ ത്യജിക്കേണ്ട ആവശ്യമുള്ളൂ കർമ്മ സന്യാസത്തിന് അധികാരിയാവും മമ്മൂട്ട് ഷുവിന്റെ ജ്ഞാനും തത്വവും ഞാനും തത്വാനില്ല തത്വത്തെക്കുറിച്ചുള്ളവരാണ് വിദ്വാനജ്ഞാനവും തത്വം ഞാൻ അറിയാൻ രണ്ടു കൂട്ടം ഇത് ശങ്കരാചാരന്റെ സിദ്ധാന്തം നിങ്ങളോ ഞാനോ ഞാൻ പറയുന്നത് ശങ്കരാചാരന്റെ സിദ്ധാന്തമാണ് കർമ്മത്യാഗം തന്നെയാണ് അതൊരു പ്രധാനമായ പോയിന്റ് ഈ ഭാഷ്യത്തിലാകും മറ്റു പരിപ്പം അതുകൊണ്ട് ഈ അദ്വീതത്തിന് ഒരുപാട് പ്രാധാന്യത്തോടെ ഞാൻ പിന്നെ മേഖല വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തം ശാസ്ത്രാചാര്യ ഉപദേശ ജനിത ശമദമാതി സംസ്കൃത മന തത്വജ്ഞാനേ കത്ത്വജ്ഞാനത്തിന് കർമ്മമായിരിക്കുന്ന എന്താണ് ശാസ്ത്രത്തിൽ നിന്ന് ആചാര്യത്തിനും ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന പിന്നെ ശമതമാദികൾ കൊണ്ട് സംസ്കരിക്കപ്പെട്ടതായ മനസ്സ് അതാണ് തത്വജ്ഞാനത്തിന് തരണം ഇത് ശങ്കരാചാര്യ ഇവിടെ ഇങ്ങനെ പറഞ്ഞു മനസ്സാണ് തത്വജ്ഞാനത്തിന് തരണം മനസ്സിന് പ്രാധാന്യം കൊടുത്ത് കാരണം എന്ന് പറയും അസാധാരണ കാരണം ഇത് നിൽക്കാനൊക്കെ ശങ്കരാ പരമ്പരയിൽ വലിയൊരു തർക്കവിതർക്കങ്ങൾക്ക് കാരണമായി തീർന്ന സംഭവം ശങ്കരാചാര്യങ്ങൾ പലടക്കും പരസ്പര വിരുദ്ധമായി പലതും പറഞ്ഞിട്ടുണ്ട് അതിനൊന്നിതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്വൈതം വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും അവിടെ പരസ്പര വിരുദ്ധമായിട്ട് പലരും വരും അതാണ് അദ്വൈതത്തിലുള്ളത് തന്നെ പിന്നെ ഇതെന്താ ചെയ്യുന്നതിന്റെ പിൽക്കാലത്ത് വരുന്ന ശിഷ്യന്മാരെ അല്ലെങ്കിൽ പിടിച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറയും ഭാഷയത്തിൽ പരസ്പര വിരുദ്ധമായി വന്നുകൊണ്ട് അവരൊരിക്കലും പറയുന്നത് ഇത് ശരിയാണെന്ന് പറയും മറ്റുള്ള ഭാഗം പിടിച്ചിട്ട് അതാണ് ചെയ്യുന്നത് ശാസ്ത്രദൃഷ്ടിയാത്ത ഉപദേശോ വാമദേവ ഒരുപാട് നാണയം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങളോട് പറയുന്നവരിക്കലും പാഴാണ് അതിനുവേണ്ടും പറയാം ശാസ്ത്രീയ ദൃഷ്ടി ശാസ്ത്രദൃഷ്ടി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ഞാൻ അപരോക്ഷമായിട്ട് അതാണ് മോക്ഷത്തിനും കാരണമായിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ശ്രവണം കാരണമാകും അപ്പൊ ബ്രഹ്മസൂത്രത്തിൽ അത് മാത്രമല്ല ഭാഷകാരൻ പലയിടത്തും ബാക്യജല്യം ജ്ഞാന പലടത്തും പറയും ബാക്കിയജല്യമായ ജ്ഞാന അപരോക്ഷ ജ്ഞാനമാണ് തുമസി ഉദാഹരണമായിട്ട് ദശമ്മ തുമസ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയും വാക്യജന്യമായ ജ്ഞാന അപരോക്ഷമാണെങ്കിൽ വാക്യമായി കാരണം മനസ്സല്ല കരണം ഇതില് വിവരണപക്ഷക്കാരെന്ന് വെച്ചാൽ പത്മപാദാചാര്യ ഹിന്ദു കണ്ണവരുന്നതിന് വാക്യമാണ് കരണം പക്ഷെ ശ്രവണം അതാണ് പ്രധാനം വാചസ്പതിയെ പിന്തുടരുന്നവരെല്ലാം ഈ ഗീതയെ പറഞ്ഞ കാര്യം മനസ്സാണ് കാരണം എന്നുള്ള ഒരുപാട് ഒരുപാട് തർക്കങ്ങളും വാക്യത്തിൽ നിന്ന് അപരോക്ഷമായ ഞാൻ ഉണ്ടാകും ഉണ്ടാകും എന്നാണ് വിവരണപക്ഷം വിവരണപക്ഷം വിവരണപക്ഷം ഉണ്ടാകത്തില്ല എന്ന് നിർമ്മിച്ച് പറയുന്നതായിരുന്നു വാചസ്പതി ക്ഷത്തൊന്നും കൊണ്ടാണ് രണ്ടുപക്ഷവും സമർപ്പിക്കുന്നതിനുള്ള ഭാഷവുമൊക്കെ ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അഭിച്ച സങ്കാധനെ പ്രത്യക്ഷാന് മറന്നുപോയി മറന്നിരുന്നു അത് പറയുന്നത് എന്താണ് ഭക്തി ധ്യാനം പ്രതിധാന തുടങ്ങിയതിലൂടെയാണ് ആത്മാവിന്റെ അപ്രോക്ഷം ഞാനുണ്ടാവുന്നത് പ്രത്യക്ഷം ഞാൻ ഉണ്ടാവുന്നത് ഇതാണ് വാചസ്പതി പക്ഷക്കാർ സ്വീകരിക്കുന്ന ഇതാണ് ൂത്രാ ശാസ്ത്രാർത്ഥ്യാനാക്രമ ശാസ്ത്രദൃഷ്ടി തേത് വാചസ്പതി പരം ശാസ്ത്രദൃഷ്ടിയാ ഉപദേശവും എന്ന് പറയുന്നത് ശാസ്ത്രദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് വിവരണക്കാർ പറയുന്ന പോലെ അത് വാക്യത്തിൽ നിന്നുണ്ടാകുന്ന അപരോക്ഷം ഞാനോ അല്ല പിന്നെ എന്താണോ അഭിസംബ്രാഹത്തിലെ ഈ സൂത്രത്തിൽ പറയുന്ന ശാസ്ത്രാർത്ഥ ധ്യാന പ്രമാണ ശാസ്ത്ര അർത്ഥത്തെ ശ്രുതി അർത്ഥത്തിന്റെ ധ്യാനം കൊണ്ടുണ്ടാകുന്ന ശ്രവണം കൊണ്ടല്ല ധ്യാനം കൊണ്ടുണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനമാണ് അതാണ് ശാസ്ത്ര അതറിയുന്നവനാണ് ആരും ഈ വാചസ്പതി പരം പരമ പണ്ഡിതനായ വാചസ്പതി അതറിയുന്നത് വേറെ ആരും അറിയുന്നില്ല വിവരണാചാര്യത്തിന് മറ്റും അതറിയുന്നില്ല എന്നാണ് എന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷമായ സാങ്കര ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമായ ഭാവനെ വ്യാഖ്യാനത്തിൻ്റെ വാചസ്മിശ്ര വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനമായ കൽപതനെഴുതിയ അമലാനന്ദ ഇങ്ങനെ പരമ്പരയായി പോയിക്കൊണ്ടിരിക്കുകയ്യാധീഷൻ അതിനെയും വ്യാഖ്യാനിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് പരമ്പര അവരുവഴിക്ക് അങ്ങനെ പോകുന്നു വേറെ പരമ്പര ഇങ്ങനെ പോകുന്നു അവർക്കെല്ലാം എന്താണ് പരസ്പരം തർക്കിക്കുന്നതിനുള്ള യുക്തികളും സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും എല്ലാം ഉണ്ട് ഇതൊരിക്കലും അവസാനിക്കത്ത ഒരു വ്യക്തി പറയുന്നതാണ് ഒരു വസ്തുവാന് എനിക്ക് കണ്ണെടുത്താൽ ഇത് വായിക്കാൻ പറ്റത്തില്ല എന്റെ പ്രത്യക്ഷ ജ്ഞാനത്തിന് എന്റെ അർത്ഥമായിരുന്നു എന്റെ കണ്ണാണ് കാരണം എനിക്കിത് വായിക്കുന്ന പോലെ കണ്ണാടി വിളിച്ചാലും പറ്റും എന്റെ കണ്ണോട്ട് വായിക്കാൻ ഇത് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റിയ കല്ലൊരു ഇവിടെ ആരെങ്കിലും കാണുമെന്നറിയത്തില്ല പുറത്ത് കാണും ചെറുപ്പക്കാർക്ക് വായിക്കണം അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെ ആശ്രയിച്ചാൽ നമ്മുടെ പ്രത്യക്ഷമുണ്ട് നമ്മുടെ കരണത്തെ ആശ്രയിച്ചു കരണത്തേതിനനുസരിച്ചത് മാറും അപ്പൊ ഞാൻ വായിച്ചാലും ശരി ഒരു ചെറിയ കുട്ടി ഒന്ന് വായിച്ചാലും ശരി അക്ഷരത്തിന്റെ വലിപ്പത്തിൽ മാറ്റമൊന്നുമില്ല ഒരു വസ്തു സ്ഥൂലെന്ന് പറഞ്ഞാലും ശരി സൂക്ഷ്മം എന്ന് പറഞ്ഞാലും വസ്തുവിന്റെ വലുപ്പത്തിന് മാറ്റമൊന്നുമില്ല പക്ഷെ കാണുന്ന കണ്ണിന്റെ വ്യത്യാസമനുസരിച്ച് ആണ് ഗ്രഹണത്തിന്റെ വ്യത്യാസം ഇത് പറയുന്നതാണ് വാചസ്പതിയുടെ അത് ഈ ഭാഷത്തിന് തുടങ്ങിയാണെന്നുള്ള ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ നിങ്ങളുടെ പക്ഷക്കാർ പറയുന്നത് അത് ശരിയല്ല നിങ്ങളീ പറയുന്നത് ശരിയാണ് സാധാരണ ഈ പ്രാപഞ്ചമായ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എങ്ങനെ തന്നെ പക്ഷെ ആത്മാവെന്ന് പറയുന്നത് സ്വയം അപരോക്ഷമാണ് അപരോക്ഷമായ ആത്മാവിൻ്റെ അപരോക്ഷമായ ജ്ഞാനം ബാക്കിയത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും അതിനെ മറ്റുള്ളതിനോട് താരതമ്യപ്പെടുത്താം അല്ല അതുപോലെ വേറൊന്നുമില്ല ആത്മാവല്ലാതെ കൊണ്ട് അപരോക്ഷമായ രണ്ടാമതൊരു വസ്തുണ്ട് ആത്മാവ് അപരോക്ഷമായതുകൊണ്ട് വാക്യം തത്വമസിയെ തുടങ്ങിയ മഹാവാക്യങ്ങൾ കേൾക്കുമ്പോ തന്നെ ആത്മാവിന്റെ അപരോക്ഷ ജ്ഞാനമുണ്ടാവും അതിനെ സഹായിക്കുന്നതാണ് ചെറുകണ മനനങ്ങൾ അതുകൊണ്ട് വാക്യത്തിൽ നിന്ന് അപരോക്ഷമായ ജ്ഞാനമുണ്ടാവും അതിന് കരണം വാക്യം തന്നെ മനസ്സല്ല അപ്പോ പിന്നെ ഭാഷകാരൻ കൂടെ പറഞ്ഞതോ ശാസ്ത്ര ഉപദേശിച്ചത് സംസ്കൃതം മന ആത്മദർശനേ കരളം അല്ലെങ്കിൽ തത്വജ്ഞാനീകരണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതോ അത് പറഞ്ഞിരിക്കുന്ന ശരിയല്ലേ പക്ഷെ അതൊന്ന് മറ്റിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആത്മാവ് പരോക്ഷമാണല്ലോ അപ്പോൾ അതിനെ മാറ്റാൻ അപ്പോൾ ഇതിനെല്ലാത്തിനെയും ന്യായീകരിക്കുന്നതിന് ബ്രഹ്മസൂത്രങ്ങളുണ്ട് പലതരത്തിലുള്ള വ്യക്തികളും പലതരത്തിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഭാഷ്യം ചർച്ച ചെയ്യുമ്പം ഇത്തരം വിവാദങ്ങളൊന്നും തൊട്ടിട്ടേക്കില്ല എന്താണ് അന്നന്ന് കണ്ട തന്നെ വാഴത്തൊന്നും മാമുനികൾ പറഞ്ഞു പോയി വെറുതെ നിങ്ങളെ ചുട്ടുവെള്ളം കുളിപ്പിക്കേണ്ട അതുകൊണ്ട് പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പലയിടത്തും കാണും പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറയുന്നു പക്ഷെ സൂക്ഷിച്ചാലും നോക്കാത്തത് കൊണ്ട് അതറിയുന്നുണ്ട് കുഴപ്പമില്ല പണ്ടൊരിക്കും എങ്ങനെയാണെന്നോ പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്നോ പറയുന്നതൊക്കെ തോന്നാം അങ്ങനെ ഉണ്ട് അതൊക്കെ പിന്നീട് വന്നിട്ട് വലിയ ബുദ്ധിമാന്മാരായ സൂക്ഷ്മുഷ്ടികളായ ആചാര്യന്മാർ ഈ വ്യത്യാസങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്തു ഒരുപക്ഷമാണ് ശരി ഇതാണ് ഇതിന്റെ ശരി എന്ന് ഒരിക്കലും അവർ പറയത്തില്ല ഭാഷ്യകാലം പരസ്പര വിരുദ്ധമായി പറഞ്ഞ സുഷൃപ്തയെക്കുറിച്ച് എന്താണ് മാണ്ഡവികത്തിൽ ഭാഷ്യകാരം പറയുന്ന ഒന്നാണ് പരമസൂത്രം പറയുന്ന വേറെ ഒന്നാണ് രണ്ട് പരസ്പര വിരുദ്ധമാണ് ഒരിക്കലും രണ്ട് യോജിപ്പിക്കാനേ പറ്റില്ല പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ യോജിപ്പിച്ചിട്ടുണ്ടോ വേറെ യോജിപ്പിക്കുമ്പം തന്നെ എനിക്കിതായി യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പക്ഷെ നിങ്ങളുടെ മനസ്സിൽ സങ്കടം ഉണ്ടാകരുതെന്ന് ഒക്കെ ഞാൻ യോജിപ്പിച്ചിട്ടുള്ളു ശരിക്കും നമുക്ക് കഴിഞ്ഞാൽ വരും പല വിഭാഗങ്ങളും യോജിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള അത് പക്ഷെ തൃക്കാലത്ത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ശിഷ്യന്മാര് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞതാണ് ഈ പല പല ഈ ഏറ്റുപിടിക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ശിഷ്യന്മാരാണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത് ഒരു ഭാഗം പിടിച്ചുകൊണ്ടൊരു പാട്ട് എഴുതുന്നു വിവേക ചൂടാമണീന്ന് പറഞ്ഞൊരു പാട്ടെഴുതും ആത്മബോധം എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതും തത്വബോധം എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ പല പല പാട്ടുകൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ തോന്നാ ഭാഷ്യത്തെ എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമായ ആശയങ്ങൾ വരും ചിലടത്ത് ചിലരിടത്ത് ഭാഷ്യത്തിൽ പറഞ്ഞ ഒന്നായിരിക്കും ഭാഷയത്തിൽ തന്നെ വിരോധം ഉണ്ടാകുന്നത് അതിലും വിരോധം വരും ചിലയിടത്ത് ഭാഷ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ വിരുദ്ധമായി എഴുതിയിരിക്കും അങ്ങനെ പല അതുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും യോജിക്കാനേ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങളിൽ പോകുമ്പോൾ ഇവരുടെ പക്ഷക്കാർ അതായത് പത്മഭാതാചാര്യരുടെ പക്ഷക്കാർക്കും ഈ രാജസ്പതിയുടെ അനുയായികൾക്കും ഒന്നും യോജിക്കാൻ പറ്റില്ല പിന്നെ അവരൊന്നും ബ്രഹ്മസത്യമാണോ ബ്രഹ്മയേകമാണോ അവർക്ക് അവിടേക്ക് ഒക്കെ ജ്ഞാനം കൊണ്ടാണ് മോക്ഷം അതൊക്കെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളുണ്ട് അത് വിശദീകരിച്ച് വിശദീകരിച്ചൊരു കാര്യ പ്രശ്നങ്ങൾ വരും പിന്നെ ഇവിടെ തന്നെ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിതാവിനാശയം പറയുന്നിടത്ത് ഈ വളരെ കൃത്യമായിട്ട് എന്താണ് ശങ്കരാചാര്യം പറയുന്നത് കർമ്മസന്യാസം എന്ന് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അതിവിടെയാണ് വ്യക്തമായി പറയുന്നത് അത് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഏതൊരു കർമ്മത്തിലാണോ ഞാൻ കർത്താവെന്നുള്ള ബോധത്തോടു കർമ്മം ചെയ്യേണ്ടി ആ കർമ്മങ്ങൾ ഞാൻ അകർത്താവാണെന്ന് അറിയുന്ന ഇതിനെ ചെയ്യാൻ കഴിയും അതുകൊണ്ടൊക്കെ ഉപേക്ഷിക്കുന്നു വളരെ വ്യക്തമായി പറയുന്നു അതെങ്ങനെ ഉപേക്ഷിക്കണം കർമ്മത്യാഗത്തെക്കുറിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷിക്കണം സാധാരണ പറഞ്ഞു വരുന്നത് പോലെ എന്താണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുക എന്നൊക്കെ പറയാറൊന്നല്ലോ ശങ്കരാചാര്യ വ്യാഖ്യാനത്തിനോട് ഒത്തുപോകുന്നതല്ല ഒരിക്കലും ഉപയോഗിക്കും ശങ്കരാചാര്യ അത് അംഗീകരിക്കുന്നില്ല എങ്ങനെ മനസ്സുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് പറയുന്നുണ്ട് മനസ്സാണ് എല്ലാത്തിനും മൂലമായ നമ്മൾ മനസ്സുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ടും ഉപേക്ഷ പറ്റും എന്തുകൊണ്ട് ദൈവ കുറവെന്ന കാര്യം അവിടെ വീണ്ടും ഗിരി പറയും ചെയ്യുന്നില്ല ചെയ്യിക്കുന്നില്ല എന്നാ പറയും അപ്പൊ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് ഒരു തരത്തിലും ചെയ്യുന്നില്ലെന്നല്ല എന്ന് അതൊക്കെ തന്റെ സിദ്ധാന്തമാണ് പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ ത്യാസം ഉണ്ടാവും പലർക്കും അഭിപ്രായ ത്യാസമുണ്ടാവും അത് വേറെ കാര്യം ശങ്കരാചാര്യ സിദ്ധാന്തം എന്താണ് അപ്പൊ മനസ്സുകൊണ്ട് ചെയ്ത് പറയുകയാണ് കർമ്മങ്ങളെ ബാഹ്യമായി ഉപേക്ഷിക്കണം എനിക്ക് ശരീരം കൊണ്ടും കർമ്മം ചെയ്യാം മനസ്സുകൊണ്ടും ചെയ്യാം അല്ലാതെ ഈ ത്യാഗം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമാണല്ല പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കും എന്തുകൊണ്ടത് നവദ്വാരെ പുരേദേവി ദേഹത്തിൽ ഇരിക്കുന്ന കാര്യമാണ് പറയുന്നത് ദേഹത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത വരുത്തുന്ന ഒരു ഭാഷ്യമാണ് ഈ ഗീതയുടെ ഈ ഇരുപത്തൊന്നാമത്തെ അതുകൊണ്ട് ശങ്കരഭാഷ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല സിദ്ധാന്തങ്ങളും പറയും പിന്നെ എന്താണ് ഒരു കാര്യം കൂടെ ഈ കർമ്മം മീമാംസ ഒരു കർത്തൃത്വം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് ഭോക്താവ് അതുകൊണ്ട് ദൈമിനി പറയുന്നത് ജൈമിനി ആത്മാവിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അർത്ഥാപത്തി പ്രമാണത്തിൽ അല്ല നമ്മളിന്ന് ധരിക്കുന്നത് പോലെ ആരോ ഇരുന്ന് ധ്യാനിച്ചപ്പോ ആത്മാവിനെ കണ്ടെത്തിയല്ലി അംഗീകരിക്കുന്നു പ്രത്യേകം മനസ്സിലാണ് ജൈമിനിയാണല്ലോ ഏറ്റവും പ്രാചീനം പൂർവകാണ്ടത്തെ ചർച്ച ചെയ്തത് എന്ന് പറയുന്നത് ആത്മാവുണ്ടെന്ന് കണ്ടെത്തുന്ന അർത്ഥാപത്തി പ്രമാണം വെച്ചാൽ അതൊരു കേവല യുക്തിയാണ് എന്താണ് കർമ്മം ചെയ്യുന്നതെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഫലം അനുഭവിക്കുക ആണെങ്കിൽ അത് വരും അപ്പൊ കർമ്മം ചെയ്യുന്നതിനും ഫലം അനുഭവിക്കുന്നതിനും നിന്ന് അത് അനുഭവിക്കുന്നതിനുമായിട്ട് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് ഉണ്ടായി തീരൂ എന്നുള്ള ഒരു യുക്തി അത്രയേ ഉള്ളൂ എന്തുകൊണ്ട് യുക്തി അംഗീകരിക്കണം എന്തുകൊണ്ട് കർമ്മത്തിനും ഫലത്തിനും ശാസ്ത്രം പ്രമാണമാണ് വേദം പ്രമാണമാണ് ഇതാണ് ഗംബിയുടെ നിലപാട് അല്ലാതെ ആത്മാവിനെ ധ്യാനിച്ചു കണ്ടുപിടിച്ചതോ സമാധി കണ്ടെത്തിയതോ ഒന്നുമുണ്ട് ആത്മാവിന്റെ തുടക്കം ഇങ്ങനെയാണ് അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം രൂപംഷത്തിലൊക്കെ പറയുന്നത് ധ്യാന യോഗീനാനപശ്യം എന്നൊക്കെ ഉപനിഷത്തുകളിലൊക്കെ ധ്യാനത്തിലൂടെ കണ്ടുപിടിച്ച ആത്മാവിനെ പറയുന്നത് രേവിനെന്താ പറയുന്നത് അതൊക്കെ വെറും അർത്ഥവാദം ഉപനിഷത്ത് മൊത്തം മുഴുവൻ എന്താണ് അർത്ഥവാദങ്ങളാണ് അതിനകത്ത് അർത്ഥവാദം എന്ന് വെച്ചാൽ കാര്യങ്ങളാണ് ആത്മാവ് എന്ന് പറയുന്നത് ഉണ്ട് പക്ഷേ ഒരു യുക്തിയിലൂടെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ യുക്തിയെ നിങ്ങളെ സ്വീകരിക്കണം എന്നുകൊണ്ട് ശാസ്ത്രം പ്രമാണമായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്താൽ അൽലോകത്ത് ഫലം അനുഭവിക്കണമെങ്കിൽ ശരീരത്തിൽ നിന്ന് എതിരിട്ടൊരാത്മാവ് വേണം ഇതാണ് ജനനിയുടെ ഭാഗം ഉണ്ട് ആത്മാവിനെ അനിധ അനോപത്യ ശാസ്ത്രം നിരർത്ഥകമായി അതുകൊണ്ട് വേദം പ്രമാണമാണ് അതുകൊണ്ട് ഒരാത്മാവിനെ അംഗീകരിച്ചേ പറ്റും അങ്ങനെ അല്ലാതെ ഈ ആത്മാവിനെ അറിയാനും കഴിയും എന്നാണ് ജീവിന് പറയുന്നത് വേറെ ആത്മാവിനെ അറിയാൻ കഴിയും പക്ഷെ പിൽക്കാലത്ത് ഉപനിഷത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു ജീവിന് പറഞ്ഞ ഈ ശരീരത്തിൽ നിന്നും വ്യതിരിതമായിരിക്കുന്ന കർത്താവും ഭോക്താവുമായ ഇങ്ങനെ ഒരാത്മാവിനെ കുറിച്ച് ആൾക്കാരെ എന്തു ചെയ്തു കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി ഇൽക്കാലത്തുപനിഷത്ത് കാലഘട്ടത്തിനേതുപോലെ ഇന്ത്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയി അമേരിക്കയെ കണ്ടുപിടിച്ചതുപോലെ ഇന്ത്യ ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷെ പോയി കണ്ടുപിടിച്ചതിന് അമേരിക്ക അതുപോലെ രവിനി പറഞ്ഞെന്താണെന്ന് പറഞ്ഞു വിൽക്കാലത്ത് പിന്നെ ആൾക്കാരെ അന്വേഷിച്ചാണ് അവന് രവിനി അങ്ങേരിക്കും ധ്യാനിച്ച ആത്മാവിനെ പെട്ടെന്ന് ആത്മാവിനെ കണ്ടെത്തിയത് അന്ന് മുതലടിയായ എന്തുകൊണ്ട് ഈ ആത്മാവല്ല ഭർത്താവാണോ ഭോക്താവാണോ ഭർത്താവല്ലേയോ ഭോക്താവല്ലയോ ഒന്നാണോ പലതാണോ ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന് കഴിഞ്ഞാൽ രണ്ടും അല്ലാത്തത് അദ്വൈതമാണോ ഇത് അണുവാണോ മഹത്താണോ എന്ന് തുടങ്ങി ലോകാവസാനം വരെ തർക്കിച്ചാലും തീരുമാനമാകാത്ത തർക്കത്തിലേക്കും പോയി പിന്നീട് അപ്പൊ ചെറുത് പറയുക ഈ തർക്കത്തിന്റെ എന്നോ ആവശ്യമില്ല എന്താണ് ഞങ്ങളതിനെ എന്താണ് ധ്യാനത്തിലൂടെ ഞങ്ങളതിനെ കണ്ടെത്തി അപ്പൊ ചെറുത് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ എന്തോ പ്രശ്നമാണ് എന്തുകൊണ്ട് മനസ്സാകരുതെ മനസ്സുകൊണ്ട് കാണാൻ പറ്റാത്ത നിങ്ങൾ മനസ്സുകൊണ്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് ആത്മാവിന്റെ പ്രശ്നമാണ് ഇങ്ങനെ തർക്കം കൊണ്ട് പലതരം ിസ്റ്ററി ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സ്വന്തം എന്റെ ആത്മാവ് എന്റെ സ്വന്തം അക്കാര്യത്തിൽ നോക്കാം വ്യത്യാസമാണ് അവരൊരാത്മാവുമായിട്ട് അവരൊരു ജീവിച്ചുകൊടുക്കുക ഒരു പ്രശ്നവും ഇവിടെ ഇല്ല ഞാനിതിന്റെ ഈ ഒരു ഹിസ്റ്ററി ഒന്ന് പറഞ്ഞ അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ പദ്യത്തിന്റെ ഒരു പ്രാഥന ഇവിടെ ഭഗവാനെ കൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് അർജുന്റീനെ കൊണ്ട് എന്താണ് അടിപ്പിച്ചേ മതിയാകും നേരിട്ട് പറഞ്ഞ് എന്തായാലും അടി നടക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവിടെ ആത്മാവിനെ കൊണ്ടു ആത്മാവിനെ മുൻനിർത്തി പറയണ അടിക്കട അടി അങ്ങനെയാണെങ്കിലും മുമ്പോട്ട് അടി നടക്കുന്നത് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക ബാക്കിയെല്ലാം ഒട്ടക്കിയ